അവർ ഉറുമ്പുകളുടെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു ഉറുമ്പു പറഞ്ഞു ഓ ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിക്കുവിൻ സുലൈമാൻ അലൈ ഇസ്ലാമും സൈന്യവും അറിയാതെ നിങ്ങളെ ചവിട്ടിമൂവ് തകർത്തു കളയരുത്